ുസുന്ദരരം സിങ്മാചൂടാ യോഗ്യാശമതികേ സനന്ദവൃതിപത്തിധ്വംസ പ്രഗൈഭാചാരയ്യേതി സുഖമയാത്രപേദാ വിദുഷ പ്രിന്തുമഹാനാ നിർവചനീയ അജ്ഞാനം അല്ലെങ്കിൽ അനാദിഭാവരൂപത്തിലുള്ള അജ്ഞാനം ഇതൊക്കെയാണ് അദ്വൈതി പറയുന്നത് എന്തായത് ചോദിക്കുന്നത് എന്താണ് പ്രമാണം പറയുന്നു അജ്ഞോഹം എന്നുള്ള അനുഭവമാണ് ോഹം എന്ന് പറഞ്ഞാൽ എന്നിൽ ജ്ഞാനമില്ലെന്നാണ് ജ്ഞാനാഭാവത്തിനാണ് അത് പ്രമാണം അല്ലാതെ അനാദിയാണെന്നോ ഭാവമാണെന്നോ അനുവജനീയമാണെന്നോന്നോ അതിൽ നിന്നറിയാൻ പറ്റുന്നില്ല ശരിയെന്നാൽ അതല്ലേശം എന്ന് പറയുന്ന അനുഭവം ഗാഠം മൂഠോഹം ആസം ഈ പറയുന്ന സ്മരണമാണ് പ്രമാണം ആര് പറയും ആര് പറയും അദ്വൈതി അദ്വൈതി പറയും സ്മരണമാണ് പ്രമാണം ഭരൂപ ജ്ഞാനത്തിന് എന്ന് പറയും ആ പറയുന്നു അതും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് സുഷ്ടികാലത്തിലെ ഈ അനുഭവം ഇതേ ഞാനാഭവമാവാം ജ്ഞാനാഭാവമാണെങ്കിലും ഇത് സാക്ഷിസിദ്ധമായി നിങ്ങൾ സ്വീകരിക്കുന്നു അജ്ഞാനത്തെ ഇപ്പം സുഹൃത്തിയിലെ സാക്ഷിസിദ്ധമായ അജ്ഞാനം അതിന് എന്റെ സ്മരണമാണെന്ന് പറയാം അവിടെയും ജ്ഞാനാഭാവമായിരിക്കും ഞങ്ങളെന്ത് പറയും തർക്കം പറയും ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഉണർന്നിരുന്നിട്ട് സുഹൃപ്തിയിലെ ജ്ഞാനാഭാവത്തെ അനുമാനിക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് എന്താണോ ഇപ്പോ ഉണ്ടാകുന്ന ഈ ഇത് അനുമതി ജ്ഞാനങ്ങൾ അതിപ്പോ ഉണ്ടാകുന്ന ഞാൻ സുഷുതിയിലെ ജ്ഞാനാഭാവത്തെ ഇപ്പോൾ അനുമാനത്തുള്ളവരറിയുന്നു അതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിപ്പോഴുള്ള അനുമതിയാണ് എന്ന് പറയുന്നു അപ്പോ അദ്വൈതി പറയുന്നത് അതാണ് പ്രധാന കാര്യം അനുപത്തി എന്നിവിടെ പറഞ്ഞ അസിദ്ധം അപ്പൊ അനുപത്തി അർത്ഥാപത്തിയാർപത്തി ഉപപത്തി എന്ന് വെച്ചാൽ സിദ്ധം യുക്തി സന്ദർഭം അനുസരിച്ചിടും അനുപത്തി യുക്തി അഭാവം അങ്ങനെയൊക്കെ പറയാം സന്ദർഭം അനുസരിച്ചിടും പദ്വിധി പറയുന്ന ഇതാണ് സുഷുപ്തിയിലെ അജ്ഞാനത്തെ ജാഗ്രതയിൽ സ്മരിക്കുന്നു താർക്കിയം പറയുന്ന എന്താണ് സുഷുപ്തിയിലെ അജ്ഞാനത്തെ ജാഗ്രതത്തിൽ അനുമാനിച്ചിട്ട് ജാഗ്രത അനുമതി ഞാനുണ്ടാവും ആ ജ്ഞാനം എന്തായാലും ശരി ഞാനാഭാവമായാലും എന്തായാലും ശരി അതാണ് രണ്ടുപേരും എന്നുള്ള പ്രധാന വ്യത്യാസം അപ്പൊ ഈ അനുഭവത്തിൽ ചിന്താന്നുള്ള ഇതിൽ അനുമാനത്തിൽ തന്നെ പരുത്താം അനുമാനത്തിൽ തന്നെ പെടുത്താമല്ലേ ഇവിടെ അനുമാനം എന്നാണല്ലോ സാ താർക്കികം പറയണത് അങ്ങനെ അസ്മത് മതേ ചൈതാന്യമേവ ജ്ഞാനം അനുമീയമാനസ്താന്ന് പറയുന്നത് അനുമീയമാനതയാതാനിയമേവ് അനുമീയമാനത അനുമാനിക്കപ്പെടുന്നത് പക്ഷെ അവിടെയാണോ അസ്മന്മതേ അനുമാനമാണെന്നാണല്ലോ അസ്മന്മതേ ഇതാനേവ് അനുമീയമാനതയാണെന്ന് പറഞ്ഞാൽ അതുപോലെ സന്ദർഭം അനുസരിച്ച് പറയാം താർക്കിയ അർത്ഥാപത്യെ സ്വീകരിക്കുന്നത് തർക്കിയന് അദ്വൈതീടെ അർത്ഥാപത്യയുടെ സ്ഥാനത്ത് തർക്കിയന് അനുമാനമാണ് അസ്മത ഇതാനിയമേവ ജ്ഞാനാഭാവസ്ഥ അനുമീയമാനതയാണ് ജ്ഞാനാഭാവത്തെ അനുമാനിക്കുകയാണ് പരാമർശ അസംപ്രതിപദ്ധി പരാമർശം ഉണ്ടാകുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പരാമർശത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് അപ്പോ അത്വൈതെ സംബന്ധിച്ച് സുഹൃത്തിയിലെ അജ്ഞാനം ജാഗ്രതയിൽ സ്മരിക്കുന്നു ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് താർക്കേയനെ സംബന്ധിച്ച് സൃഷ്ടിയിലെ അജ്ഞാനത്തെ ജാഗ്രതത്തിൽ അനുമാനിക്കുന്നു എന്നർ ഞാനു കഥം ജ്ഞാനാഭാവ നിർവ്യൽപക ചൈതന്യ ഗോചരതയാ സിദ്ധി ജ്ഞാനാഭാവം സൃഷ്ടിയിലുണ്ടെന്ന് വച്ചിക്കാം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഉള്ളതെന്താണ് കേവലമായ സാക്ഷിയാണ് അപ്പൊ സാക്ഷി കേവലമായ സാക്ഷിക്ക് ജ്ഞാനാഭാവം എങ്ങനെ അറിയാൻ പറ്റും എന്നാണ് ആര് പറയുന്നു അദ്വൈതി പറയുന്നു ശ്രദ്ധിച്ചിരിക്കുന്നു അദ്വൈതി പറയുന്നു കാരണം അദ്വൈതിയോടാണ് പറഞ്ഞത് ഏ നിങ്ങൾക്ക് പരാമർശത്തിലൂടെ അജ്ഞാനത്തെ ശ്രദ്ധിക്കുന്നു അപ്പോൾ ആ പരാമർശം എന്ന് വെച്ചാൽ സ്മൃതി സ്മൃതിയിലൂടെ അജ്ഞാനത്തെ ശ്രദ്ധിക്കുന്നു ആ ജ്ഞാനം ജ്ഞാനാഭാവമാണെന്ന് പറയുന്നു അദ്വൈതിയുടെ പറയാണ് താർക്കികൻ അദ്വൈതിക്ക് അങ്ങനെ സ്വീകരിക്കേണ്ടി വരും അജ്ഞാനത്തെ അജ്ഞാനത്തെ സ്മൃതിയിലൂടെ ശ്രദ്ധിക്കുന്നു എന്ന് പറയേണ്ടി അജ്ഞാനം എന്താണ് താർക്കിക അഭിപ്രായത്തിൽ ജ്ഞാനാഭാവമാണ് താർക്കീം പറയുന്നത് അദ്വൈതീ സംവദിക്കത്തില്ല താർക്കിയും പറയണത് ജ്ഞാനാഭാവം ചോദിക്കുന്നു അത് പരാമർശത്തൂടെ ശ്രദ്ധിക്കണമെങ്കിൽ അത് അനുഭവിക്കണം അല്ലേ സുഹൃത്തിയിൽ ജ്ഞാനാഭാവത്തെ അനുഭവിക്കണം അത് സാധിക്കില്ലെന്നാ പറയുന്നു ആര് പറയുന്നു അദ്വൈതി പറയുന്നു അജ്ഞാനത്തെ ജ്ഞാനാഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുഭവ സുഷുതിയിൽ ഉണ്ടാകത്തില്ല അതെന്ന് പറയുന്നത് അജ്ഞാനത്തെ ജ്ഞാനാഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിർവികൽപക ചൈതന്യ ഗോചരതയാ സുഷുതിയിൽ നിർവികൽപകമായ ചൈതന്യത്തിന്റെ വിഷയമായി ജ്ഞാനാഭാവം ഇങ്ങനെ ശ്രദ്ധിക്കും ഞങ്ങളുടെ അജ്ഞാനത്തെ നിങ്ങൾ ജ്ഞാനാഭാവമാക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ധർമ്മി പ്രതിയോഗിജ്ഞാന പരാധീനത്വ കാരണം അഭാവജ്ഞാനത്തിന് പ്രതിയോഗിജ്ഞാനും അനുയോഗിജ്ഞാനും വേണം യസ് അഭാവ ആ ചോദ്യത്തിന് ഉത്തരമാണ് പ്രതിയോഗി യൻ ആ ചോദ്യത്തിന് ഉത്തരമാണ് അനുയോഗി അപ്പൊ പ്രതിയോഗിയും അനുയോഗ്യം അറിയാതെ അഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ എന്തിന്റെ അഭാവമാണ് എവിടെയാണ് അഭാവം ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ അഭാവജ്ഞാനം ഉണ്ടാകത്തില്ല പ്രതിയോഗിജ്ഞാനവും ഇത് സർവസമ്മതമായ കാര്യമാണ് അപ്പോ സുഷുത്തിയിൽ എന്തായിരിക്കുന്നത് കേവലം നിർവികൽപകമായ ചൈതന്യം അഭാവത്തിന്റെ ജ്ഞാനമുണ്ടായി അവിടെ ആ നിർവികല്പകമായ ചൈതന്യത്തിന് പ്രതിയുട ജ്ഞാനം ഉണ്ടായോ അനുയോഗ്യയുടെ ജ്ഞാനമുണ്ടായോ ഇതൊക്കെ ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ അവിടെ സുഹൃത്തി ഞാന സ്വയം തന്നെ എന്താണ് വികല്പരഹിതമാണ് ഈ പറയുന്ന ഒക്കെ വികല്പങ്ങളാണ് ഏത് സാപേക്ഷത ആണ് ഈ പറയുന്ന ഒക്കെ പ്രതിയോഗി കുറിച്ചറിയുക അനുയോഗിയെ കുറിച്ചറിയുക അഭാവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ അത് വികല്പങ്ങളാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും അവിടെ സംഭവിക്കത്തില്ല എന്നാ അവിടെ ഇത്രേ പറയാൻ പറ്റൂ അവിടത്തെ സുഷൃത്തിയിൽ ഇരിക്കുന്ന ആ നെടുവിൽപ്പൈതന്യത്തിന് അഭാവം ഒരു ജ്ഞാനമുണ്ടായി അവിടെ ആരുടെയൊന്നും ചോദ്യമില്ല എവിടെയൊന്നും ഉത്തരവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതങ്ങനെ അംഗീകരിക്കാൻ പറ്റും അഭാവത്തിൻ്റെ ഞാനങ്ങനെ ഉണ്ടാകത്തില്ല അത് അതിൽ സപേക്ഷതയുണ്ട് സപേക്ഷമായിട്ട് അഭാവത്തിൻ്റെ ഞാനും ഉണ്ടാകത്തുള്ളു ഇത് താർക്കികന്മാർ അംഗീകരിക്കുന്ന കാര്യമാണ് അത്വരികെ സ്വീകരിച്ചേ മതിയാവും അതാണ് ധർമ്മി പ്രതിയോഗി ജ്ഞാന പരാധീനത്വ ധർമി പ്രതിയോഗി ജ്ഞാന പരാധീനം എന്ന് വെച്ചാൽ ഒരഭാവജ്ഞാനം ഉണ്ടാകുന്നു അവിടെ തന്നെ പ്രതിയോഗിജ്ഞാനും ഉണ്ടാവണം അനുയോഗിജ്ഞാനും ഉണ്ടാവണം അതിനാണ് ധർമ്മി എന്ന് പറഞ്ഞത് എസ് അഭാവ ഇതൊക്കെ ഉണ്ടായാലേ അഭാവജ്ഞാനുണ്ടാവത്ത ഇതൊന്നും അവിടെ ഇല്ല സുഷുപ്താ സംഭവ ഇതൊന്നും സുഷപ്തിയിൽ സംഭവിക്കത്തില്ല എന്തുകൊണ്ട് അവിടെ നിർവികല്പക ചൈതന്യമാണുള്ള സാക്ഷി അതാകുള്ളു ജ്ഞാനി സ്വരൂപേണ ഭേദാദിവ നിർവികല്പകസിദ്ധ്യ സവികൽപകദാ ധർമ്മി പ്രതിയോഗി ജ്ഞാനപരാധീനതയാ സ്ഫുടര വ്യവഹാര വിഷയത്വപത്തെ ഇത് പ്രത്യേകം മനസ്സിലാകണം അതായത് താർക്കിയന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് അയം ഘടഹ എന്നൊരു ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഘടത്വവിശിഷ്ട ഘടത്തിന്റെ ജ്ഞാനം എന്നാണ് അയം ഘടക എന്നുള്ള ജ്ഞാനം ഘടത്വവിശിഷ്ടമായ ഘടത്തിന്റെ ജ്ഞാനമാണ് ഇനി ഘടത്വം എവിടെ നിന്ന് പറയുന്നു അയം ഘടക എന്ന് പറയുന്ന ഈ ജ്ഞാനം ഒരു വിശിഷ്ടജ്ഞാനമാണ് ഒരു വിശിഷ്ടജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പ് വിശേഷണജ്ഞാനം ഉണ്ടായിരിക്കണം അവരനുമാനം നടത്തും ജന്യവിശിഷ്ടജ്ഞാനം ജന്യവിശേഷജ്ഞാനപൂർവകം ജന്യവിശിഷ്ട ജന്യവിശിഷ്ട മനസിലായോ ജന്യ അങ്ങോട്ടിട്ട് ബാക്കി പറയാം വിശിഷ്ടജ്ഞാനം വിശേഷജ്ഞാനപൂർവം വിശിഷ്ടജ്ഞാന ദണ്ഡീപുരുഷ ഇതി വിശിഷ്ടജ്ഞാനപത്വം എല്ലായിടത്തും ജന്യ ചേർത്തോണ്ടാ മതി ജന്യ കൂടെ ചേർത്തിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായെങ്കിൽ അത് വിട്ട് അതായത് ദണ്ഡീപുരുഷ എന്ന് പറയുന്ന ഒരു വിശിഷ്ടജ്ഞാനമാണ് വിശിഷ്ടജ്ഞാനം എന്തുകൊണ്ട് പറയുന്നു അത് ദണ്ഡവിശിഷ്ടമായ പുരുഷനെ കുറിച്ചുള്ള ജ്ഞാനമാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വിഷയത്തിലുമുണ്ട് വൈശിഷ്ട്യം ജ്ഞാനത്തിലുമുണ്ട് വൈശിഷ്ട്യം അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പൊ ദണ്ഡീപുർഷാദെന്ന് പറയുന്ന വിഷ്ടജ്ഞാനത്തിന് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആദ്യ വിശേഷം ഉണ്ടാവണം എന്തിൻ്റെ ജ്ഞാനം ദണ്ഡിന്റെ ജ്ഞാനം ഉണ്ടാവണം എന്നാണ് അതുപോലെ ഘടത്തിൻ്റെ ഘടത്വേനയുള്ള ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഘടത്വം ഞാനുണ്ടാവും വിശേഷണം ആ വിശേഷണം ഞാനും അപ്പോ അതും ഒരു ജ്ഞാനമാണല്ലോ അപ്പൊ ഈ വിശേഷണം ഞാനെങ്ങനെ ഉണ്ടാവും ഞാനുണ്ടാവും ഉണ്ടാവും ഘടജ്ഞാനം ഘടത്വേനയുണ്ടായി സമ്മതിച്ചു അപ്പോൾ ഘടത്വവിശിഷ്ടമായ ഘടത്തിന്റെ ജ്ഞാനം ഉണ്ടായി അവിടെ ഘടത്വം വിശേഷണമാണ് ഘടം വിശേഷ്യമാണ് ഘടത്വത്തിന്റെ ഞാനുണ്ടാകും എങ്ങനെയുണ്ടാവും വീണ്ടും പിറകിലേക്ക് പോയാൽ ഘടത്വനഘടത്വാനം പിന്നെ ഘടകത്വജ്ഞാനം എന്നും പറയണമെങ്കിൽ തെറ്റിപ്പോ അതുകൊണ്ട് എന്ത് അവിടെ സ്വീകരിക്കുന്നു അവിടെ വിശേഷണം ഞാനുണ്ടാകുന്നു ഘടത്വജ്ഞാനം അത് നിർവികൽപക എന്നുള്ളടത്ത് ഘടത്വത്തിന്റെ നിർവികല്പകമായ ജ്ഞാനുണ്ടാകും നിർവികൽപ്പമാണ് നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിട്ടുണ്ട് തർക്കസംഗ്രഹിച്ച് എന്താണ് പ്രകാരതാശൂശൂന്യം വിശേഷ്യതാശൂന്യം സംസർഗതാശൂന്യമായ ജ്ഞാനം ഇതുമില്ലാത്ത ജ്ഞാനത്തിനാണ് എന്ത് പറയുന്നത് നിർവികൽപക ജ്ഞാനം അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാവും അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായതിന് ശേഷം പിന്നെ എന്തുവരുന്നു ഘടത്വേന ഘടജ്ഞാനം ഉണ്ടാവുന്ന വെച്ചാൽ ഘടത്വവാൻ ഘട എന്നുള്ള ആ ജ്ഞാനം ഉണ്ടാകുന്നു അതാണ് നേരത്തെ അനുമാനം നടത്തിയത് ഒരു വിശിഷ്ടജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിനൊന്ന് ബന്ധു വേണം വിശേഷജ്ഞാനം ഉണ്ടാവണം എന്ന് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ജ്ഞാനം ഉണ്ടാകുകയാണ് ഘടത്വത്തിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല വിടെ പറയുന്നത് ഭേദവാൻ സാദൃശ്യവാൻ ഇതിന് ഉദാഹരണം എടുക്കുന്നതിന് വേറെ താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഭേദവാൻ സാദൃശ്യവാൻ എന്നൊക്കെ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്തുവേണം ഭേദത്തെ കുറിച്ചാദ്യം നിർവികൽപ്പക ജ്ഞാനം ഉണ്ടാകണം അപ്പോ എന്നാ ഘടത്വത്തിന്റെ കാര്യം പറഞ്ഞാ പോലെ ഘടത്വേന ഘടജ്ഞാനം ഉണ്ടാകുന്നതിന് ഘടത്വത്തിന്റെ പിറവികൾക്കോ ജ്ഞാനം അത് പറയാതെ ഇവിടെ പറയുന്ന എന്താണ് ഭേദം സാദൃശ്യം തുടങ്ങിയവ കുറിച്ചും ജ്ഞാനം ഉണ്ടാകുമ്പോ ആദ്യം നിർവികൽപ്പാൻ ഉണ്ടാകുന്ന ഇതിവിടെ എടുത്തു പറയാൻ കാരണം ഇതൊക്കെ സാപേക്ഷികമാണ് എന്ന് പറഞ്ഞാൽ ഈ ഭേദത്തെ സംബന്ധിച്ച് ചോദ്യം വരും കസ്യ ഭേദ കസ്മിൻ ചോദ്യം വരും എന്താണ് കസ്യ സാദൃശ്യം കസ്മിൻ ഇങ്ങനെ സാപേക്ഷികമായ സ്ഥലങ്ങളിലും വിശിഷ്ടജ്ഞാനത്തിന് വിശേഷണജ്ഞാനം വേണം ആ വിശേഷണജ്ഞാനം നിർവികൽപ്പവുമായിരിക്കും വിശേഷജ്ഞാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുമ്പോൾ വിശേഷണജ്ഞാനത്തിന്റെ നിർവികൽപ്പവും ജ്ഞാനം ഉണ്ടാകും അപ്പം അഭാവവും എന്താണ് ഒരു സാപേക്ഷ സാപേക്ഷികമായ ജ്ഞാനമാണ് ഇവിടെ സാപേക്ഷ ഉണ്ട് എങ്ങനെ അനുയോഗി പ്രതിയോഗി എന്ന് പറയുമ്പോൾ അതും ഈ സാദൃശ്യത്തെപ്പോലെയും ഭേദത്തെപ്പോലെയാണ് ഭേദമെന്ന് വെച്ചാൽ അന്യോന്യാഭാവം ഈ സ്ഥലങ്ങളിലെല്ലാം എന്തു വരുന്നു സാദൃശ്യം ഭേദം തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്യാപേക്ഷ ഉണ്ടെങ്കിലും കാർഗികന്മാർ സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ് എന്താണ് വിശിഷ്ടജ്ഞാനത്തിന് മുമ്പ് ഇവയുടെയൊക്കെ നിർവികൽക്കാനം ഉണ്ടായാലേ വിശിഷ്ടജ്ഞാനം ഉണ്ടാകും അത് സാമാന്യ നിയമമാണ് ഇഷ്ടജ്ഞാനം വിശേഷജ്ഞാനപൂർവ്വം ഇഷ്ടജ്ഞാനത്വ ദണ്ഡീപുരുഷ ഇവിശിഷ്ടജ്ഞാന എന്നു പറഞ്ഞാൽ ഇവിടെ എന്താണ് സുഷുതിയിൽ എന്ത് സംഭവിക്കും അദ്വൈതിയോട് കാർക്കിൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടാവും എന്താജ്ഞാനം ജ്ഞാനാഭാവം പക്ഷെ അത് നിർവികൽപക ജ്ഞാനമായിരിക്കും മനസ്സിലായോ മായ ജ്ഞാനമായി പിന്നെ ഞങ്ങളെങ്ങനെയാണ് ഇതിനെ അനുമാനിക്കുന്നതെന്ന് പറഞ്ഞത് അവിടെ നിർവികല്പകമായ ജ്ഞാനം ഉണ്ടായാലും ഉണർന്നു വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിർവികല്പമായ ജ്ഞാനത്തെ പിന്നീട് എങ്ങനെയാണോ വിശേഷണജ്ഞാനം വിശിഷ്ടജ്ഞാനത്തിന് കാരണമായി തീരുന്നത് അതുപോലെ ജാഗ്രത ഞങ്ങളുടെ അനുമാനത്തിന് നിർവികൽപകമായ ജ്ഞാനം കാരണമായി തീരും ജാഗ്രത അത് വെച്ചങ്ങളുടെ അനുമാനം അവിടെ നിർവികൽപായിക്കോട്ടെ അല്ലേ വിശിഷ്ടജ്ഞാനത്തിനൊരു നിർവികൽപകജ്ഞാനത്തെ സ്വീകരിക്കാമെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഞങ്ങളുടെ അനുമതി വിശിഷ്ടജ്ഞാനമാണ് അതിന് ഞങ്ങളെന്തെയും സുഷൃപ്തിയിലെ കാരണമായി സ്വീകരിക്കും എന്നാണ് ജ്ഞാനാഭാവശ്യാപിവിടെ അവര് ചെറിയ കാര്യങ്ങളുണ്ട് അതായത് അദ്വൈതി പറഞ്ഞത് സുഴ്ത്തിയില് അജ്ഞാനം സാക്ഷിക്ക് പ്രത്യക്ഷമാണ് അപ്പോ പുരോക്ഷ്യോതി അപ്പോ താർക്കിയം പറഞ്ഞു അത് സാപേക്ഷമായതുകൊണ്ട് സാക്ഷിപ്രത്യക്ഷമാകത്തില്ല എന്ന് പറഞ്ഞു അത് സാക്ഷിപ്രത്യക്ഷമല്ലെങ്കിൽ അതിന്റെ സ്മൃതിയും ഉണ്ടാകത്തില്ല ഇതാണ് അദ്വൈതിയോട് താർക്കിയം പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ അദ്വൈതി താർക്കികനോട് ചോദിക്കും ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുമാനം അങ്ങനെ നടക്കും അല്ലേ നിർവികൽപമായ ഞ അവിടെ സാപേക്ഷമായതുകൊണ്ട് അജ്ഞാനത്തിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ അദ്വിധി തർക്കീയനോട് ചോദിക്കുകയാണ് സവേഷമായതുകൊണ്ട് അജ്ഞാനത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളെങ്ങനെ ജാഗ്രതത്തിൽ അജ്ഞാനത്തെ അനുമാനിക്കും കാരണം അവിടെ അജ്ഞാനത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ ജാഗ്രത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ അവിടെ അജ്ഞാനത്തെ അനുമതിയിലൂടെ സിദ്ധിക്കും അവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ അല്ലേ അദ്വൈതി പറയുന്നത് അജ്ഞാനം സാക്ഷി വേദ്യമെന്നാണ് തർക്കം പറയുന്നത് അത് സാപേക്ഷികമായത് കൊണ്ട് സാക്ഷി വേദ്യ ആകത്തില്ല ശരി എന്നാ ഞങ്ങൾ സമ്മതിച്ച അപ്പം നിങ്ങൾ പറയണം ജാഗ്രത്തിലിരുന്നു കൊണ്ട് അജ്ഞാന ം സുഷുക്തിയിലുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ അനുമാനിക്കും കാരണം നിങ്ങൾ പറയുന്നതനുസരിച്ച് എന്താണ് സുഷുതിയിൽ അജ്ഞാനാഭാവം അജ്ഞാനം അജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനം ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല അജ്ഞാനം ജ്ഞാനുണ്ടാകത്തില്ല സുഷു അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ജാഗ്രത നിങ്ങളെ അനുമാനത്തിലൂടെ എങ്ങനെ അവിടെ ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായി എന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അവിടെ മനസ്സിലായോ തർക്കം പറയുന്ന വ്യക്തി അനുസരിച്ച് തന്നെ അജ്ഞാനത്തിന്റെ ജ്ഞാനം സുഹൃത്തിയിൽ ഉണ്ടാകത്തി എന്നിട്ട് പറയുന്നു ഞങ്ങൾ ജാഗ്രത അനുമതിയിലൂടെ അവിടെ ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായെന്ന് ശ്രദ്ധിക്കുന്നു ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നല്ല ഞാനാഭാവം ഉണ്ടായിരുന്നല്ലേ ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നല്ലോ അനുമാനിക്കുന്ന ജ്ഞാനാഭാവം ഉണ്ടായിരുന്നല്ലേ അനുമാനിക്കുന്നത് അത് തന്നെ ജ്ഞാനാഭാവത്തിന്റെ ഒരു എന്തു പറയേണ്ടി വരും തർക്കീനെന്ത് പറയേണ്ടി അജ്ഞാനത്തെ അറിഞ്ഞു എന്ന് പറയേണ്ടി വരും അറിയണ്ടേ എന്നുവെച്ചാ അറിഞ്ഞു സുഷുപ്തിൽ ഇവിടെ അറിഞ്ഞാ പോരെ അത് തന്നെ എന്ന് പറയേണ്ടി വരും അജ്ഞാനം പിന്നെ എങ്ങനെ ശ്രദ്ധിക്കും സുഹൃത്തിയിൽ ജ്ഞാനാഭാവത്തെ അറിഞ്ഞു എന്ന് പറയേണ്ടി വരും താർക്കി എന്താണ് പറയുന്നത് സാധിക്കില്ല എന്തുകൊണ്ട് സപേക്ഷമായിക്കൊണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ജാഗ്രത്തിൽ അനുമാനം നടത്തിയിട്ട് അവിടെ ഒരു ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അനുമാനത്തിലൂടെ അത് പറയണ്ടേ സുസൃപ്തിയില് അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു പറയണ്ടേ അതാണ് വേണ്ടേ അത് പറയാൻ സാധിക്കില്ല എന്നുള്ളതിനാണ് ഈ മറുപടി പറയുന്നത് ഈ സുസൃപ്തിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അദ്വൈതിയും ടാർഗികനും അംഗീകരിക്കുന്ന സംഭവം തന്നെയാണ് ഏഹ് അദ്വൈതിയും ടാർഗികനും അംഗീകരിക്കുന്ന സംഭവം തന്നെയാണല്ലേ അതായത് രണ്ടുപേർക്ക് സംബന്ധിച്ചേ പറ്റും എന്തുകൊണ്ട് ഇവിടെ ഇരുന്ന് അനുമാനത്തിലൂടെ അങ്ങനെ ഒന്നുണ്ടായി എന്ന് ശ്രദ്ധിക്കണമെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് സ്മരിക്കണമെങ്കിലും അവിടെ ജ്ഞാനാഭാവത്തിന്റെ അനുഭവത്തെ സ്വീകരിക്കണം അതെങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം അദ്വൈതി പറയുന്നത് സാക്ഷി സിദ്ധമായ പറയുന്നു സാക്ഷി നിർവകല്പകമാണ് അതിന് സവികല്പകമായൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല ഇത് പൂർവപക്ഷമാണ് ഇനി അടുവിൽ സിദ്ധാന്തത്തില് അദ്വൈതീനും മറുപടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് അങ്ങനെ ഒരു ജ്ഞാനമുണ്ടായി എന്നുള്ള അറിവ് നിങ്ങൾക്കെങ്ങനെ ഉണ്ടാകും അതിന് സമാനമാണ് പറയുന്നു അദ്വീതിയുടെ ചോദ്യത്തിന് സമാനം പറയുന്നത് ജ്ഞാനാഭാവശ്യാദി സ്വരൂപേണ ഭേദാധിപ നിർവികൽപകസിദ്ധസ്യം പറയുന്നു അവിടെ ജ്ഞാനാഭാവമുണ്ട് എവിടെ സുഷുതിയിൽ പക്ഷേ ആ ജ്ഞാനാഭാവം അവിടെ എന്തായി അതിൻ്റെ നിർവികൽപ്പകമായി അത് സിദ്ധമായി അവിടെ എൻ്റെ സവികൽപ്പം ഞാനുണ്ടായിരുന്നു നിർവികൽപ്പകമായി ജ്ഞാനാഭാവത്തെ അറിഞ്ഞു അസിദ്ധമായി മനസ്സിലായോ ഈ നിർവികൽപ്പവുമായി സിദ്ധമായി എന്ന് പറഞ്ഞാൽ എന്താ സംഗതി ഈ നിർവികൽപക ജ്ഞാനം എന്ന് പറയുന്നത് പ്രത്യക്ഷമല്ല അത് അപ്പം നമ്മൾ ഈ പറയുന്ന പ്രത്യക്ഷമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല അത് പറയുന്നത് ത്രിവിധ വിഷയതാശൂന്യ തുരിയ വിഷയതയാണ് അതിലുള്ളത് എന്ന് വെച്ചാൽ സംസർഗത പ്രകാരത വിശേഷ്യത അങ്ങനെ ഒന്നുമില്ല സാറിന എന്താണ് ഒരു ജ്ഞാനത്തിന്റെ വിഷയത്തിൽ ഇത് വരണം സംസൃഗത പക്ഷേ തുരീയ ജ്ഞാനത്തെ പറയുന്നത് എന്താണ് തൃതീയ വിഷയതാവില തുരീയ വിഷയതയാണ് അവിടെയുള്ളത് എന്ന് പറയുന്നു അതുകൊണ്ടാണ് അതിനെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നത് ഇവിടെയും താർക്കിയിലെന്താ ചെയ്യുന്നത് വിശിഷ്ടജ്ഞാനം വിശേഷജ്ഞാനപൂർവകം വിശിഷ്ടജ്ഞാനത്വ ദണ്ഡി കുഷേരി വിശിഷ്ടജ്ഞാനവത്വം എന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്ന കാര്യം എന്താണ് ഈ ജ്ഞാനം പ്രത്യക്ഷമല്ല വിശേഷണ ജ്ഞാനം എന്ന് പറയുന്നത് പ്രത്യക്ഷമല്ലാതെ എന്നാൽ അതൊരു സാധനമാണ് എന്തുവാ ഈ മൂന്ന് തരത്തിലുള്ള വിഷയതയില്ലാത്ത തുരീയമായ വിഷയതയുള്ള ഒരു ഞാൻ അങ്ങനെയൊരു ഒന്നുണ്ട് അവിടെ അത് ഇതിന്റെ കൂട്ടത്തിനൊന്നും പെടുത്താൻ പറ്റത്തില്ല ഈ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് താഴ്ക്കിനെ സംബന്ധിച്ചിടത്തോളം സുഷുത്തിയിൽ മനസ്സ് എവിടെ പോയി പുരിയെ മറ്റേ ഇണ്ടാത്തുകയറിപ്പോയികത്ത് ആത്മന സമയവുമില്ല അപ്പവിടെ ഒരു തരത്തിലുള്ള ഞാനും ഉണ്ടാകത്തില്ല ഉണ്ടാവൂന്ന് പറയാൻ പറ്റൂ അപ്പൊ ആ അസുഷത്തിയിൽ ഏഹ് അത് ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അത് ഇത് സാക്ഷി സിദ്ധമായും പക്ഷേ അങ്ങനെ പറ്റില്ലെങ്കിലും ഈ പറ്റില്ല എന്ന് പറയുന്ന ഏങ്ങനെയാണ് ഈ ത്രിവിധ വിഷയതായുള്ള വിഷയത്വത്തേണ് നിഷേധിക്കുന്നത് ചതുർത്ഥ വിഷയത എന്ന് പറയുന്ന ഒന്നുണ്ട് ഏത് നിർവികല്പകമായ ഒരു സിദ്ധിയുണ്ട് അതിന്റെ അങ്ങനെ നിർവികൽപകമായി എന്ത് ചെയ്യുന്നു അജ്ഞാനം അവിടെ സമാധിയൊക്കെ അല്ലല്ല അത് വേറെ നിർവികം ഉപയോഗിക്കുന്നത് നിർവികൽപക അത് വേറെ അത് ഇതുമായിട്ട് ഉണ്ടാവും നിർവികല്പകമായി സിദ്ധിക്കുന്നു എന്നേ പറയുന്നുള്ളൂ ജ്ഞാനോന്ന് പറഞ്ഞാൽ എന്താണ് നിർവികൽപകമായി സുഷുപ്തിയിൽ അഭാവം ശ്രദ്ധിക്കുന്നു അത്രയാണ് ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആശയക്കുഴപ്പം വരും എന്താണ് കാരണം ത്രിവിധ വിഷയതയുള്ള ജ്ഞാനം എന്തായാലും ശ്രദ്ധിക്കില്ല എന്തുകൊണ്ട് മനസ്സ് പുരീത എന്നാൽ എങ്ങനെയാണോ വിശിഷ്ടജ്ഞാനത്തിന് മുമ്പ് വിശേഷണം സിദ്ധിച്ച അതുപോലെ ഒരു സിദ്ധിപ്പ് കൂടുതലൊന്നും ചോദിക്കരുത് അത് ത്രിവിധ വിഷയതാശൂന്യമായ വിലക്ഷണമായ ചവിർത്ത സാധനമാണ് അതിനാണ് നിർവികൽപോന്ന് പറയുന്നത് അഭാവം അഭാവം അങ്ങനെ അപ്പൊ അഭാവം അവിടെ അങ്ങനെ സിദ്ധിക്കുന്നു എന്ന് താർകീയം പറയുന്നു കാരണം ഈ വിശിഷ്ടജ്ഞാനത്തിന് വിശേഷജ്ഞാനത്തെ കാരണമായി സ്വീകരിക്കുകയും അതിനെ നിർവികൽപമായി സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അംഗീകരിക്കുകയാണെങ്കിൽ ഇതും അംഗീകരിക്കേണ്ടി വരും ദൈവത്തിന് അത് നിഷേധിക്കേണ്ടി വരും അധ്വരിക്കുകയാണെങ്കിൽ വന്നു വന്ന അവസാനം നിർവികല്പ ജ്ഞാനത്തെ നിഷേധിക്കാനും പറ്റത്തില്ല എന്തുകൊണ്ട് അവസാനവരുടെ ആ അവസാനത്തെ ആശയം എന്ന് പറയുന്നത് എന്താണ് നിർവികൽപകമായ ജ്ഞാനമാണ് അതവര് ബ്രഹ്മസാക്ഷാത്കാരം എന്താ പറയുന്നത് നിർവികൽപകമായ ജ്ഞാനമാണ് അത്വിക്കുന്ന നിർവികല്പ അതെന്തോ ആയിക്കൊള്ളോട്ടെ ഇവർ സാധനത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പോൾ തൽക്കാലം സുല്ലിടാനേ പറ്റും ഒരു നിർവികൽപകമായി സിദ്ധിച്ചു അപ്പോൾ കൂടുതൽ ചോദിച്ചാൽ അവനെ നിങ്ങളുടെ ഈ നിർവികൽപ്പം ഞാനും തോന്നുന്നു അത് പറഞ്ഞു ഇവിടെ അതൊന്നും നിർവഹിക്കാൻ പറ്റരുത് അതാണിതാണെന്ന് പറഞ്ഞ് ഞങ്ങളതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ പോരെ ത്രിവിധ വിഷയത വരാനും പാടില്ല ശ്രദ്ധിക്കും വേണം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഏതുപോലെ ഇഷ്ടജ്ഞാനത്തിനെ സംബന്ധിച്ച് വിശേഷം പിന്നെ അതിലൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഘടത്വത്തെ സംബന്ധിച്ച് അത് അംഗീകരിക്കാം അത് നിരപേക്ഷമാണ് പക്ഷെ അഭാവത്തെ സംബന്ധിച്ച് എങ്ങനെ അത് സ്വീകരിക്കും സാപേക്ഷതയുണ്ടെന്ന് പറയുന്നു എന്താണ് ഭേദം സാദൃശ്യം ഇതൊക്കെ സാദൃശ്യമുണ്ടെങ്കിലും അതിന്റെയൊക്കെ നിർവികൽപകസി അംഗീകരിക്കുന്നുണ്ട് അപ്പൊ സാപേക്ഷമായ അഭാവത്വ സുഷുപ്തിയിൽ അതിന്റെയും നിർവികൽപകസിദ്ധിയെ സ്വീകരിച്ചിട്ട് അപ്പൊ സുഹൃപ്തിയിൽ അപാസിദ്ധമായല്ലോ അല്ലേ ഇനി എന്തു ചെയ്യണം ജാഗ്രത്തിൽ അനുമാനിക്കുമ്പോൾ എങ്ങനെയാണോ നിർവികൽപകമായിരുന്ന ഘടത്വം വിശിഷ്ടജ്ഞാനത്തിൽ സവികൽപകമായി മാറിയിട്ടു വിശ്വജ്ഞാനത്തിൽ ഘടത്ത് സവികല്പകമെന്ന് പറയൂ ഇല്ലല്ലോ അപ്പം എന്താ പറയുന്നത് ഘടത്വ വാൻ ഘടക എന്നാണ് അതുപോലെ സുഷുപ്തിയിൽ നിർവികൽപകമായിരുന്ന ഈ സാധനം എന്താണ് ജ്ഞാനാഭാവം ജാഗ്രത അനുമാനത്തിൽ വരുമ്പോൾ എന്താവും സവികല്പകമാവും എന്താ പ്രശ്നം അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നു ജ്ഞാനാഭാവി സ്വരൂപേണ ഭേദാധിവാ നിർവികൽപകസിദ്ധ്യ ജ്ഞാനാഭാവവും സ്വരൂപേണസിദ്ധം എന്ന് പറഞ്ഞാൽ ഈ വിശദീകരിച്ച ഘടത്ത് ശ്രദ്ധിക്കുന്നത് പോലെ പിന്നെ സാപേക്ഷമായതുകൊണ്ട് ഭേദാധിപത് ഭേദം സാദൃശ്യം മുതലായവയെല്ലാം അവയുടെയെല്ലാം വിശിഷ്ടജ്ഞാനത്തിൽ അത് എന്തുവരുന്നു വിശേഷണമായി സ്വരൂപേണ ശ്രദ്ധിക്കുന്നത് ഭേദവാൻ സാദൃശ്യവാൻ എന്നൊക്കെയുള്ള വിശിഷ്ടജ്ഞാനത്തിന് മുമ്പ് അത് വിശേഷമായി സ്വരൂപേണ ശ്രദ്ധിക്കുന്നത് വിഷേദയില്ലാതെ അങ്ങനെ സ്വീകരിക്കുന്നത് ഭേദാധിപത് നിർവസിദ്ധസ്യൂടെ ഭിന്നാണ് ഭേദം എന്ന് വെച്ചാൽ ഭേദവാൻ എന്ന് പറയുന്നിടത്ത് ഭേദം ഭിന്നു പറഞ്ഞാൽ ഭേദവത്വം ഇത് ഭേദവാനെന്ന് വെച്ചാൽ ഭേദവിശിഷ്ടം സാദൃശ്യവാനെന്ന് വെച്ചാൽ സാദൃശ്യവിശിഷ്ടം ഘടത്വാനെന്ന് വെച്ചാൽ ഘടത്വ വിശിഷ്ടം അതുപോലെ ഭേദത്തിലാണെന്തു വരുന്നത് സാപേക്ഷത വരുന്നത് ഭേദവിശിഷ്ടത്തിലല്ല മനസിലായേ അപ്പോ അത് ഭേദജ്ഞാനം മുമ്പ് ഉണ്ടാവണം അതെങ്ങനെ ശ്രദ്ധിക്കണം നിർവികല്പകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് വിശേഷണമാണ് വിശിഷ്ടജ്ഞാനം വിശേഷണജ്ഞാനപൂർവകം എന്നുള്ള നിയമം അനുസരിച്ചാണ് ഈ പറയുന്നത് ഭേദവാനെന്ന് പറയുന്നവര് വിശിഷ്ടജ്ഞാനമാണ് അത് വിശേഷണജ്ഞാനപൂർവകമായിരിക്കണം എന്താണ് വിശേഷണം ഭേദം അപ്പൊ അതെങ്ങനെ ശ്രദ്ധിച്ചോ നിർവികല്പകം അല്ലെങ്കിൽ എന്തോ അനവസ്ഥ വരും അത് പ്രത്യക്ഷത്തിന് വിഷയമല്ല അനുമാനത്തിലൂടെ സിദ്ധിക്കുന്നു അങ്ങനെ ഒന്ന് സംഭവിച്ചത് മനസിലായോ അത് അനുഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അനുഭവത്തിൽ ഒന്നും ഉള്ള എല്ലാ തുരിയ വിഷയതയാണ് അവിടെയുള്ളത് മനസിലായോ അതൊന്ന് പ്രത്യേക സാധനമാണ് ഭേദാധികൾ നിർവികല്പകസിദ്ധസ്യ ഭേദാധികളെ പോലെ നിർവികൽസിദ്ധമായ എന്ത് സുഷൃത്തിയിലെ സവികല്പക ദം എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിലിരുന്ന് അനുമാനം നടത്തുമ്പോ ധർമ്മിപ്രതിയോഗി ജ്ഞാനപരാധീനതയാ ഇവിടെ എന്താണ് അഭാവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ പറയാം അഭാവം എന്തിന്റെ അഭാവം ജ്ഞാനത്തിന്റെ അഭാവം എവിടെ സുഷസ്ഥയിലെ നിർവികൽപകമായ ചിത്തൽ സാക്ഷിയിൽ എന്താ കുഴപ്പം ജാഗ്രത ചിന്തിച്ചോളിയോ എന്തും ജാഗ്രതയുടെ സുരക്ഷയെ കുറിച്ച് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാം അതാണ് സവികല്പക ദർമ്മ പ്രതിയോഗി ജ്ഞാന പരാധീനതയാതിയോഗിയും രണ്ടിന്റെ ജ്ഞാനം പരാധീനമായി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് അധീനമായി എന്ന് പറഞ്ഞാൽ അവിടത്തെ പ്രതിയോഗി എന്ന് പറയുന്ന എന്ത് ജ്ഞാനം അനുയോഗി എന്ന് പറയുന്ന എന്ത് സാക്ഷി പരാധീനതയാണ് വ്യവഹാര വിഷയത്തുരമായി ജാഗ്രതയിൽ ഞങ്ങൾക്ക് വ്യവഹരിക്കുക എന്താണ് സുഷുപ്തിയിൽ ഉണ്ടായിരുന്ന അജ്ഞാന അനുഭവം എന്ന് പറയുന്നത് ജ്ഞാനാഭാവാണ് ജ്ഞാനാഭാവണെന്ന് ഞങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നാരും പറയുന്നു പക്ഷേ അവിടെ പ്രശ്നം തീർന്നില്ല നശ്ദ്യേ തത്കാലീനെ ധർമ്മി ആത്മനി ജ്ഞാഭാവസ്ഥ ഇതീയമാനസ് പ്രതിപന്നേ ഹി പ്രാകരാധർമ്മി സായം സമയ തനമാനുപലഭ്യത വച്ച്യം ലിംഗേന അനുമിതേ ധർമ്മിണി ആത്മനി ഇത്രയും ഒരുമിച്ചാണ് അപ്പോ ചുരുക്കം പറയുന്ന എന്താണ് സുഷുപ്തിയിൽ നിർവികൽപകമായി സിദ്ധിച്ചത് ജാഗ്രത്തിലെ സവികല്പക വ്യവഹാരത്തിന് വിഷയമാകുന്നു എന്നാണ് ഇപ്പൊ അങ്ങനെ ഒരു നിങ്ങൾ ജാഗ്രത്തിരുന്ന് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു അപ്പം സുഹൃത്തിയിൽ അങ്ങനെ വരെ ജ്ഞാനാഭാവത്തെ സിദ്ധിക്കണമെങ്കിൽ സുഹൃപ്തിയിൽ ആത്മാവാദി ശ്രദ്ധിക്കുന്നു സുഹൃത്തിയിൽ ആത്മാവ് ഉണ്ടായാലല്ലേ എന്തൊരു അനുമാനത്തിലൂടെ അല്ലേ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചത് സുഹൃത്തിയിൽ ജ്ഞാനാഭാവം ഉണ്ടെന്നും അത് എവിടെ സുസ്ഥിരയില ഞാനാഭാവം ആത്മാവൻ അപ്പൊ സുഷുത്തിൽ ആത്മാവിനെ ശ്രദ്ധിക്കും ഒരു ഉദാഹരണം പറയും ഇപ്പോ ഒരാളോട് ചോദിക്കുകയാണ് പറമ്പിൽ രാവിലെ ആന വന്നിരുന്നോ പഴയകാലത്ത് കാടല്ലേ കൂടുതലും അപ്പൊ വീട്ടിന്റെ മുറ്റത്തെല്ലാം എപ്പോഴും ആന വരും ഇപ്പൊ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ രാവിലെ പറമ്പിൽ ആന വന്നിരുന്നു ചോദിക്കാണ് എപ്പോഴാണ് ചോദിക്കുന്നത് ഇപ്പൊ ഈ സമയത്ത് വൈകുന്നേരം വരെ എന്തിനാ രാവിലത്തെ കാര്യ ഇപ്പ ചോദിക്കുന്നു അപ്പൊ അയാൾക്ക് അവിടെ അനുമാനം നടത്തണമെങ്കിൽ എന്ത് വേണം രാവിലെ ഉള്ള പറമ്പിനെ കുറിച്ച് ബോധം വേണം അല്ല അനുമാനം നടത്താൻ പറ്റൂ ഏതെങ്കിലും തരത്തിൽ ആ രാവിലെയുള്ള പറമ്പിനെ കുറിച്ച് ബോധം ഉണ്ടായാല് അയാൾക്ക് അനുമാനം നടത്തി പറയാൻ പറ്റൂ അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നും അങ്ങനെ പറയാൻ പറ്റൂ അതുപോലെ സുഷത്തിയിൽ ജ്ഞാനം ഇല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം സുഷുത്തിയിൽ ആത്മാവിനെ ബോധം വേണം അല്ല സുഷ്ടത്തിയില് ഞങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടെന്ന് താർഗീനം പറയാൻ പറ്റൂമാനിക്കണം പറയാൻ പറ്റൂ കാരണം വെച്ചാൽ മനസ്സെവിടെ പോയി പുരീത നാടിയില് പിന്നെങ്ങനെ സുഹൃത്തിയിൽ ഞങ്ങൾ ജ്ഞാനത്തിന്റെ അഭാവത്തെ സുഴുത്തിയിൽ അറിഞ്ഞു എന്ന് പറയാൻ പറ്റി പിന്നെ ചെയ്യേണ്ടി വരും സുഹൃത്തിയില് ആത്മാവിനെ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു എങ്ങനെയാണോ രാവിലത്തെ പറമ്പില് പറമ്പിനെ അനുമാനത്തിലൂടെ ശ്രദ്ധിച്ചിട്ട് ആ പറമ്പിൽ രാവിലെ ആന വന്നില്ല എന്ന് ശ്രദ്ധിക്കുന്നു അതുപോലെ രാവിലത്തെ ആ പറമ്പിന് അനുമാനത്തിലൂടെ ശ്രദ്ധിച്ചിട്ട് പറയാം അങ്ങനെയുള്ള രാവിലത്തെ ആ പറമ്പിൽ ആന അതുപോലെ ഇവിടെ എന്ത് ശ്രദ്ധിക്കണം സുഷുപ്തിയിൽ സുഷ്ടെന്ന് പറഞ്ഞപ്പോലെ സുഷുപ്തി കാലത്തില് ആത്മാവിൽ ആത്മാവ് ശ്രദ്ധിക്കണം ഞാൻ ആ ഭാവം ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നതിനൊന്നുകൊണ്ട് സുഷുപ്തി കാലത്തിലെ ആത്മാവിനെ ശ്രദ്ധിക്കണം സുഷുപ്തി കാലത്തിൽ ആത്മാവിനെ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം സുഷുപ്തിയിൽ കാലത്തെ ശ്രദ്ധിക്കണം എന്റെ കാരണം പറയാൻ പറ്റുമോ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു കാലത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ അപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും കാലത്തെ ശ്രദ്ധിക്കണം പിന്നെ സുഷുപ്തി കാലത്തില് ആത്മാവിനെ ശ്രദ്ധിക്കണം സുഷ്ടികാലത്തിൽ ആത്മാവിനെ ശ്രദ്ധിച്ചിട്ട് പിന്നെ നിങ്ങളുടെ അനുമാനം നടത്തിയോ എന്താണോ സുഷുതിയിൽ ജ്ഞാനത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു അപ്പൊ മൂന്നനുമാനം സുഷുതിയിലെ കാലാനുഭവം സുഷ്ടയിലെ ആത്മാവ് പിന്നെ സുഷുപ്തിയിലെ ജ്ഞാനാഭാവം കുറച്ച് പണിയുണ്ട് ഇത് ഒന്ന് രണ്ടു ദിവസം കൊണ്ടും തീരുന്ന പണി തന്നെ ഇത് ഇത്രയും നടക്കുന്നു ആദ്യം നിങ്ങൾ വായിക്കുന്നവരല്ലെന്നെനിക്കറിയാം അതുകൊണ്ട് ഇനി ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ എന്റെ ഹിന്ദിയിൽ മിസ്റ്റേക്കാണ് ആദ്യമേ പറയാം ഇനി അത് വായിച്ചിട്ട് ഹിന്ദി മാഷ് പോലെ ഹിന്ദി മാഷ് പോലെ ഹിന്ദി വായിക്കാറില്ല എന്നെനിക്കറിയാം എന്നാലും ഇനി വായിക്കുകയാണെങ്കിൽ ഏ ഹീം പറയാന പാരാഗ്രാഫ പേ ജോ അനുമാന ഹിമാന ഹൈക്കി പ്രത്യക്ഷ ധർമ്മ ശാദി കാ സമയ പ്രാങ്കൺ പ്രത്യക്ഷ പ്രാങ്കൺ മേമാൻ സസ്തിയത് ഇതാണോ ഞാൻ പറഞ്ഞത് അല്ല അല്ല ഇതല്ല ഇവിടത്തെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇവിടെ തെറ്റിയോണ്ട് എന്ത് ചെയ്തു പിന്നീട് വന്ന ഭാഗങ്ങളിലെല്ലാം തയ്യാറായി കുളമായി അത് കഴിഞ്ഞ് ഇവിടെ ഒരു അനുമാനം കൊടുത്തിരിക്കുക അതും പോയി ഇവിടെ പറയുന്ന എന്താണ് രാവിലെ ഒരാൾ ചെന്ന് നിന്നിട്ട് തലേ ദിവസം വൈകുന്നേരം ആനയില്ലെന്ന് അനുമാനിക്കുന്നു അതല്ല ഇപ്പോ ഞാൻ അതാ പറഞ്ഞു ഇപ്പത്തന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയക്കുഴപ്പം വന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയാ ഇന്നലെയാകാത്ത ഇവിടെ അങ്ങനെയാണ് വ്യാഖ്യാതാവിനെ അബദ്ധം പറ്റിയത് അതല്ല സംഭവിക്കുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് രാവിലെ ഇവിടെ മുറ്റത്ത് മന്ത്രി വന്നില്ല എന്ന് അനുമാനിക്കണമെങ്കിൽ എന്തുവേണം രാവിലത്തെ മുറ്റത്തെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ബോധം വേണം ഒരു ബോധം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം ഇവിടെ ഒരു സ്റ്റേറ്റ് കാറ് കിടന്ന് ഇപ്പൊ മന്ത്രി വന്നു അനുമാനിക്കാം എന്തെങ്കിലും ഒരു അടയാളം വെച്ച് അനുമാനിക്കും പക്ഷെ എനിക്ക് രാവിലത്തെ ഇതിനെക്കുറിച്ച് യാതൊരു ബോധമില്ല ഞാൻ അങ്ങനെ അനുമാനിക്കും മുറ്റത്ത് വന്നെന്ന് അനുമാനിക്കണം അല്ലേ പ്രകശത്തൂടെ പോയി ദർശനത്തിന് പോയിന്നും അനുമാനിച്ചാൽ പോരാ ഈ മുറ്റത്ത് രാവിലെ ഒരു മന്ത്രി വന്നു അല്ലെങ്കിൽ ഗവർണർ ഇപ്പോഴൊക്കെ കറങ്ങി കിടക്കുന്നുണ്ട് എന്ന് അനുമാനിക്കണമെങ്കിൽ എന്തുവേണം എനിക്ക് രാവിലത്തെ ഈ മുറ്റത്തെ വേണം ണ്ടെങ്കിൽ എനിക്കിപ്പോൾ അനുമാനിക്കാം ഇവിടെ കാറ് കിടന്ന് അതുകൊണ്ട് മന്ത്രി വന്നു അങ്ങനെയാണ് ഇവിടെ പറയേണ്ടത് പക്ഷെ സംഗതി എന്തു ചെയ്തു ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് ആ തിരുവെന്ന് പറയുന്നു അതങ്ങനെയുണ്ട് നമ്മുടെ തല തിരിഞ്ഞാൽ പിന്നെ നിവർത്തിയെടുക്കുക പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ത്യ ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ അന്ന് മുൻകൂട്ടി പറഞ്ഞത് ഒരുപാട് വായിച്ച് വിഷമിക്കേണ്ട ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മൂന്ന് അനുമാനവും കഴിഞ്ഞതിന് വായിച്ചു പോകും ശരിയാണ്